യൂണിറ്റ് ഫോർ ലെസൺ ഓണക്കാലത്ത് കേരളത്തിൽ പൂക്കാലമായിരിക്കും നാളെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒഴിവായിരിക്കുമോ എന്താണ് വിശേഷം നാളെ ഓണമല്ലേ അതുകൊണ്ട് എന്താ ഓണമാണ് മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവം അതിന് നമ്മൾക്ക് അവധി നമ്മൾ മലയാളികളല്ലോ നമ്മൾ മലയാളികളല്ല ശരി പക്ഷേ മലയാളം വിദ്യാർത്ഥികളാണല്ലോ പിന്നെ തമിഴ് ക്ലാസ്സിലെയും കന്നട ക്ലാസിലെയും ഭൂരിപക്ഷം വിദ്യാർത്ഥികളും മലയാളികളാണ് അതൊക്കെ ശരി തന്നെ എന്റെ സാഹു പക്ഷേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സർക്കാരിൻ്റെതല്ലേ അതിനെന്ത്ണം എല്ലാ ഭാരതീയരുടെയും ഉത്സവമൊന്നും അതുകൊണ്ട് ഓണ ദിവസം കേന്ദ്ര സർക്കാരിന് ഒഴിവല്ലായിരിക്കും പക്ഷേ കേരളത്തിൽ എല്ലാവർക്കും ഈ സമയം പത്ത് ദിവസത്തേക്ക് അവധിയായിരിക്കും അത് ശരിയല്ല പിന്നെ സംസ്ഥാന സർക്കാരിന് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമാണ് അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രം പത്തു ദിവസത്തേക്ക് ഒഴിവായിരിക്കും ആയിരത്തി ഞാൻ ഓണക്കാലത്ത് കേരളത്തിലായിരുന്നു പ്രകൃതി എന്തൊരു ഭംഗിയായിരുന്നു ആ സമയം കേരളത്തിൽ പൂക്കാലമായിരിക്കും ശാസ്ത്രി അടുത്ത ഓണക്കാലത്ത് ഞാനും കേരളത്തിലായിരിക്കും അതെങ്ങനെ അപ്പോഴാണ് എന്റെ മലയാളി സുഹൃത്തെ സദാശിവൻ നായരുടെ കല്യാണം കേരളത്തിലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരിക്കും കല്യാണം നാളെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒഴിവായിരിക്കുമോ മ്മടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒഴിവായിരിക്കുമോ എന്താണ് വിശേഷം എന്താണ് വിശേഷം നാളെ ഓണമല്ലേ നാളെ ഓണമല്ലേ അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ ഓണമാണ് മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവം ഓണമാണ് മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവം അതിന് നമ്മൾക്ക് நம்மக்கு எதினவி நம்ம மலையாளிகளோ நம்ம மலையாளிகள் நம்ம மலையாளிகளல்ல നമ്മൾ മലയാളികളല്ല ശരി പക്ഷേ മലയാളം വിദ്യാർത്ഥികളാണല്ലോ പക്ഷേ മലയാളം വിദ്യാർത്ഥികളാണല്ലോ പിന്നെ തമിഴ് ക്ലാസ്സിലെയും കന്നഡ ക്ലാസ്സിലെയും ഭൂരിപക്ഷം വിദ്യാർത്ഥികളും മലയാളികളാണ് പിന്നെ തമിഴ് ക്ലാസ്സിലെയും കന്നഡ ക്ലാസ്സിലെയും ഭൂരിപക്ഷം വിദ്യാർത്ഥികളും മലയാളികളാണ് അതൊക്കെ ശരി തന്നെ സാഹു അതൊക്കെ ശരി തന്നെ സാഹു പക്ഷെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സർക്കാരിൻ്റെതല്ലേ പക്ഷേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സർക്കാരിൻ്റെതല്ലേ അതിനെന്താ ഓണം എല്ലാ ഭാരതീയരുടെയും ഉത്സവമൊന്നും ഓണം എല്ലാ ഭാരതീയരുടെയും ഉത്സവമൊന്നും അതുകൊണ്ട് ഓണ ദിവസം കേന്ദ്ര സർക്കാരിന് ഒഴിവല്ലായിരിക്കും അതുകൊണ്ട് ഓണ ദിവസം കേന്ദ്ര സർക്കാരിന് ഒഴിവല്ലായിരിക്കും പക്ഷെ കേരളത്തിൽ എല്ലാവർക്കും ഈ സമയം പത്തു ദിവസത്തേക്ക് അവധി ആയിരിക്കും പക്ഷേ കേരളത്തിൽ എല്ലാവർക്കും ഈ സമയം പത്തു ദിവസത്തേക്ക് അവധി ആയിരിക്കും അതും ശരിയല്ല അതും ശരിയല്ല പിന്നെ പിന്നെ സംസ്ഥാന സർക്കാരിന് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമാണ് അവധി സംസ്ഥാന സർക്കാരിന് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമാണ് അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രം പത്ത് ദിവസത്തേക്ക് ഒഴിവായിരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പത്തു ദിവസത്തേക്ക് ഒഴിവായിരിക്കും ആയിരത്തി ഞാൻ ഓണക്കാലത്ത് കേരളത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഞാൻ ഓണക്കാലത്ത് കേരളത്തിലായിരുന്നു പ്രകൃതിദേവിക്ക് എന്തൊരു ഭംഗിയായിരുന്നു ആ സമയം പ്രകൃതിദേവിക്ക് എന്തൊരു ഭംഗിയായിരുന്നു ആ സമയം ഓണക്കാലത്ത് കേരളത്തിൽ പൂക്കാലമായിരിക്കും ഓണക്കാലത്ത് കേരളത്തിൽ പൂക്കാലമായിരിക്കും ശാസ്ത്രീ അടുത്ത ഓണക്കാലത്ത് ഞാനും കേരളത്തിലായിരിക്കും ശാസ്ത്രി അടുത്ത ഓണക്കാലത്ത് ഞാനും കേരളത്തിലായിരിക്കും അതെങ്ങനെ അതെങ്ങനെ അപ്പോഴാണ് എൻ്റെ മലയാളി സുഹൃത്ത് സദാശിവൻ നായരുടെ കല്യാണം അപ്പോഴാണ് എൻ്റെ മലയാളി സുഹൃത്തെ സദാശിവൻ നായരുടെ കല്യാണം കേരളത്തിലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരിക്കും കല്യാണം കേരളത്തിലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരിക്കും കല്യാണം നാളെ നമുക്ക് അവധിയായിരിക്കും അവധിയായിരിക്കും ഓണക്കാലത്ത് കേരളത്തിൽ പൂക്കാലമായിരിക്കും ഓണക്കാലത്ത് കേരളത്തിൽ പൂക്കാലമായിരിക്കും ആ സമയം നിങ്ങളുടെ നാട്ടിൽ പൂക്കാലം അല്ലായിരിക്കും നിങ്ങളുടെ നാട്ടിൽ പൂക്കാലം അല്ലായിരിക്കും അടുത്ത വർഷം ഈ സമയം ഞാൻ ഇവിടെ അല്ലായിരിക്കും അടുത്ത വർഷം ഈ സമയം ഞാൻ ഇവിടെ അല്ലായിരിക്കും തമിഴ് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ മലയാളികളാണ് தமிழ் கிளாசில விதார்த்திகள் மலையாள ஆள்கள் நல்லவரான வீட்டிலெல்லாம் வளர நல்லவரானில வீடுகள் அலுதல்ல ശാന്തിലെ വീടുകൾ അത്ര വലുതൊന്നുമല്ല ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം വളരെ പുതിയതാണ് ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം വളരെ പുതിയതാണ് പത്തു ദിവസത്തേക്ക് നമുക്ക് അവധിയായിരിക്കും പത്തു ദിവസത്തേക്ക് നമുക്ക് അവധിയായിരിക്കും ഇന്നത്തേക്ക് ഈ വീട് എന്റേതാണ് ഇന്നത്തേക്ക് ഈ വീട് എന്റേതാണ് എത്ര ദിവസത്തേക്കാണ് നിങ്ങൾക്ക് അവധി എത്ര ദിവസത്തേക്കാണ് നിങ്ങൾക്ക് അവധി കേരളത്തിലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരിക്കും എന്റെ കൂട്ടുകാരൻറെ കല്യാണം കേരളത്തിലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരിക്കും എന്റെ കൂട്ടുകാരൻറെ കല്യാണം വലിയച്ഛന്റെ പുതിയ വീട്ടിൽ വെച്ചാണ് എന്റെ പിറന്നാൾ ആഘോഷം വലിയേച്ച പുതിയ വീട്ടിൽ വെച്ചാണ് എന്റെ പിറന്നാൾ ആഘോഷം നാളത്തെ ക്ലാസ് ഹോസ്റ്റലിൽ വച്ചായിരിക്കും നാളത്തെ ക്ലാസ് ഹോസ്റ്റലിൽ വെച്ചായിരിക്കും ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി transformation drill model 1 naale avadhiy irikkim naale avadhi allai irikkim now follow the model adaru valiya aakoshamay irikkim adaru valiya aakosham allai irikkim ഇതൊരു നല്ല ലൈബ്രറി ആയിരിക്കും ഇതൊരു നല്ല ലൈബ്രറി അല്ലായിരിക്കും സരോജിനിയുടെ വീട് തിരുവനന്തപുരത്തായിരിക്കും സരോജിനിയുടെ വീട് തിരുവനന്തപുരത്തല്ലായിരിക്കും ആ കെട്ടിടം സർക്കാരിന്റേതായിരിക്കും ആ കെട്ടിടം സർക്കാരിൻറേതല്ലായിരിക്കും അത് അദ്ദേഹത്തിന്റെ മകളുടെ ഫോട്ടോ ആയിരിക്കും അത് അദ്ദേഹത്തിന്റെ മകളുടെ ഫോട്ടോ അല്ലായിരിക്കും മോഡൽ ടു ഇത് നല്ല പുസ്തകമാണ് ഇത് നല്ല പുസ്തകമായിരിക്കും നൗ ഫോളോ ദോഡൽ അദ്ദേഹം നല്ല അധ്യാപകനാണ് അദ്ദേഹം നല്ല അധ്യാപകനായിരിക്കും അതൊരു വലിയ കഥയല്ല അതൊരു വലിയ കഥ അല്ലായിരിക്കും അസീസ് ബാബുവിന്റെ കൂട്ടുകാരനാണ് അസീസ് ബാബുവിന്റെ കൂട്ടുകാരൻ അല്ലായിരിക്കും അയാളുടെ കല്യാണം പന്ത്രണ്ടാം തീയതിയാണ് അയാളുടെ കല്യാണം പന്ത്രണ്ടാം തീയതി ആയിരിക്കും ആ വീട് അത്ര വലുതല്ല ആ വീട് അത്ര വലുതല്ലായിരിക്കും മോഡൽ ത്രീ അത് നമ്മുടെ ഹോസ്റ്റൽ ആണ് അത് നമ്മുടെ ഹോസ്റ്റൽ ആയിരുന്നു നൗ ഫോളോ ദോഡൽ ആ പുസ്തകം സുഷമയുടേതാണ് ആ പുസ്തകം സുഷമയുടേതായിരുന്നു ആ കെട്ടിടം കേന്ദ്ര സർക്കാരിൻ്റെതാണ് ആ കെട്ടിടം കേന്ദ്ര സർക്കാരിൻ്റെതായിരുന്നു അതെന്റെ ചേച്ചിയുടെ ആദ്യത്തെ പുസ്തകമാണ് അതെന്റെ ചേച്ചിയുടെ ആദ്യത്തെ പുസ്തകമായിരുന്നു അവരൊക്കെ എന്റെ വിദ്യാർത്ഥികളാണ് അവരൊക്കെ എന്റെ വിദ്യാർത്ഥികളായിരുന്നു ഇതും മലയാളം ക്ലാസ് ആണ് ഇതും മലയാളം ക്ലാസ് ആയിരുന്നോ മോഡൽ ഫോർ അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടിടം അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടിടം നൗ ഫോളോ ദോഡൽ അതൊരു അതൊരു തലസ്ഥാന നഗരമായിരിക്കും ഞങ്ങളുടെ ഗ്രാമവും വലുതായിരുന്നു ഞങ്ങളുടെ ഗ്രാമവും വലുതായിരിക്കും അവന്റെ വീട് ആലപ്പുഴയിലായിരുന്നു അവന്റെ വീട് ആലപ്പുഴയിലായിരിക്കും മണി ഒരു ഡോക്ടർ മണി ഒരു ഡോക്ടർ ആയിരിക്കും ഇതും ഹോസ്റ്റൽ ആയിരുന്നു ഇതും ഹോസ്റ്റൽ ആയിരിക്കുമോ റീസ്റ്റേറ്റ്മെന്ററിൽ മോഡൽ അതൊക്കെ ഞങ്ങളുടെ പൂന്തോട്ടത്തിലെ പൂക്കളാണ് ആ പൂക്കൾ ഞങ്ങളുടെ പൂന്തോട്ടത്തിലേതാണ് നൗ ഫോളോ ദോഡൽ അത് നമ്മുടെ ലൈബ്രറിയിലെ പുസ്തകമാണ് ആ പുസ്തകം നമ്മുടെ ലൈബ്രറിയിലേതാണ് ഇത് എന്റെ പുതിയ സമാഹാരത്തിലെ കവിതയാണ് ഈ കവിത എന്റെ പുതിയ സമാഹാരത്തിലേതാണ് അത് നമ്മുടെ പുസ്തകത്തിലെ ഫോട്ടോയാണ് ആ ഫോട്ടോ നമ്മുടെ പുസ്തകത്തിലേതാണ് റെസ്പോൺസ് ഡ്രിൽ മോഡൽ ഇത് നിങ്ങളുടെ എത്രാമത്തെ കൃതി ആയിരിക്കും ഇത് എന്റെ ഏഴാമത്തെ കൃതി ആയിരിക്കും നൗ ഫോളോ ദോഡൽ അടുത്ത വർഷം ഈ സമയം നിങ്ങൾ എവിടെ ആയിരിക്കും അടുത്ത വർഷം ഈ സമയം ഈ കവിത നിങ്ങളുടേതാണോ ഈ കവിത അടുത്ത വർഷം നിങ്ങൾ എവിടെയായിരിക്കും അടുത്ത വർഷം നിങ്ങളുടെ വീടും ഗ്രാമത്തിലാണോ എന്റെ വീടും